അവരുടെ പക്കലുള്ളതിനെ സത്യപ്പെടുത്തുന്ന അള്ളാഹുസുബഹാനുഹുവചായാലായുടെ ഒരു വേദഗ്രന്ഥം അവരുടെ അടുക്കൽ വന്നപ്പോൾ അതിനു മുമ്പ് സത്യനിഷേധികൾക്കെതിരെ വിജയം തേടി അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അവർക്ക് പരിചയമുള്ളത് വന്നപ്പോൾ അവർ അതിനെ നിഷേധിച്ചു അതിനാൽ സത്യനിഷേധികൾക്ക് അള്ളാഹു സുബഹാനുഹുവചായാലായുടെ ശാപമുണ്ട്